പറയുക ചിന്തിച്ചുനോക്കൂ പുനരുദ്ധാന നാൾ വരെ അള്ളാഹു സുബഹാനഹുവല നിങ്ങൾക്ക് പകലിനെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വിശ്രമിക്കാനായി ഒരു രാത്രിയെ നൽകാൻ അള്ളാഹുവല്ലാത്ത ഏതു ദൈവത്തിനാണ് കഴിയുക നിങ്ങൾ കാണുന്നില്ലേ